കടലാസിന്റെ വീരപരാക്രമങ്ങൾ രചന ജമാൽ കൊ അഭിനേതാക്കൾ മുഹമ്മദ് പേരാമ്പ്ര വിനോദ് തിക്കോടി വി കെ കെ എൻ റോഷൻ ബിജ്ലി ഗ്ലോറി ജോർജ് എൽ സി മാത്യു ഗിരിജ രവീന്ദ്രൻ സാങ് തോമസ് എം എം വാസ്തു സംവിധാനം പുഷ്പ ഇന്നലെ എത്ര തൂക്കുണ്ടായിരുന്നു ഇന്നലെ പത്തുനൂറ് കിലോ ഉണ്ടാ നിക്കാം പത്ര കരദാസ അല്ല പത്രാഫീസിലെ ചവറ്റുപൊട്ട സാഹിത്യം ഉണ്ടായിരുന്നു ആ കണ്ടം എന്തിനാ അത് കച്ചവടത്തിൽ വെച്ചുവോ അതൊക്കെ പറ്റൂക്ക ചുളുവിലക്ക് കിട്ടിയതല്ലേ അതില് നല്ല ഒന്നാം ക്ലാസ് കഥ നോവലൊക്കെ ഉണ്ടാവും നീ ഇതും വായിച്ചിട്ട് ഇങ്ങനെ പൂത്തിരിക്കാൻ നോക്കും എടാ ബലാലേ നമുക്ക് വിറ്റ് കായുണ്ടാക്കാൻ നിന്റെ ഒരുടുക്കത്ത സാഹിക്യം എനിക്കൊരു ഐഡിയ തോന്ന ഈ പത്രാധിപന്മാര് ചവച്ചുകൊട്ടേലിടുന്ന കഥയും നോവലും കൊണ്ട് ഒരു പബ്ലിഷിംഗ് കമ്പനി തുടങ്ങിയാലോ നീയൊന്നു പോടാരുത് നടക്കണ വല്ല കാര്യം പറ നിന്റെ ഓരോരോ ഐഡിയകൾ വല്ല ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ജനിക്കേണ്ട ഞാൻ ഇവിടെ ആയിപ്പോയി അല്ലെങ്കിൽ കാണാൻ എന്റെ വില ശരിയ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജനിക്കുന്നവനാ നീ ഞങ്ങളൊക്കെ കഷ്ടകാലം കൊണ്ടാ നീ ഇവിടെ ആയി പോയത് അതാണ് കവി പാടിയത് എന്ത് പരിതാപമിതേ ഹാജീവിതമേ നിർത്തലായിട്ട് എപ്പം നോക്കിയാലും കളിയുമ്പോ കളി എന്നെ ആ പിന്നെന്തൊക്കെയുണ്ട് പുസ്തകങ്ങൾ അതെന്തിനാരാ തൂക്കി വെക്കാൻ കഴിയോ ആ അതാണിക്ക ഐഡിയ വേണമെന്ന് പറയണത് അതിലൊരു ഡെക്ക് വില ഉണ്ട് എന്താണത് ഡോക്ക് വിലക്കാണ് നമുക്കിത് കിട്ടണത് ഏ ഇതിന്റെ ആവശ്യക്കാര് പറയണ വില തന്നെ ഇത് അങ്ങെടുത്തോളൂ ആരാ ആവശ്യക്കാർ ഉം മാഷന്മാര് വിമർശകര് ബുക്ക് കച്ചോടക്കാര് അവർക്കെതിരാ എന്റിക്കാ ഇക്കാക്കറിയോ ഈ ഇംഗ്ലീഷ് ബുക്കിന്റെയൊക്കെ വില ദേ നൂറ് പേജുള്ള ഈ ബുക്കിന് എന്ത് വില ഉണ്ടാവും ഒക്കെ വിചാരിക്കണത് ഒരഞ്ചുണ്ടാവും പള്ളിപ്പോയി പറഞ്ഞാ മതി ആ വിലയ്ക്കിപ്പോ ഡൂക്ക് മലയാളം ബുക്ക് കൂടി കിട്ടൂല കണ്ടോ ഇത് നോക്ക് ാണ് ഹേ ഒരു ഡോളറിന്റെ വില എത്രയാണെന്ന് അറിയാക്ക് എത്രയാണ് മുപ്പത് റുപ്യന്ന് കൂട്ടിക്കോളി അപ്പത്ര റുപ്പ്യായി ഏഹ് മുന്നൂറ് റുപ്യ ഇതിന ഞമ്മക്കെന്ത് വില കൊടുക്കേണ്ടി വരും ഒന്നോ രണ്ടാം റുപ്യ അപ്പോ എത്രക്ക് കൊടുത്താലും ലാഭമല്ലേ അവർക്ക് എന്തിനാടാ ഈ പഴയ പുസ്തകങ്ങൾക്കാ ഇതൊക്കെ അപൂർവ പുസ്തകങ്ങളാണ് ഇക്കാ എത്ര കാശു കൊടുത്താലും കിട്ടാത്തത് ഇതൊക്കെ വായിച്ചിട്ടാ ഓരോരുത്തര് ഡോക്ടറേറ്റ് എടുക്കണത് നിരൂപകര് പ്രതിവാരം എഴുതണത് ആ ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയേനെ എന്തു ചെയ്യാം എന്റെ തലയിൽ എടുത്ത് പഴയ പത്രം വിൽക്കാനായിപ്പോയി നിന്റെ തലച്ചോറ് വല്ല കോൾഡ് സ്റ്റോറിൽ എടുത്തു വെക്കണം കളിയാക്കണ്ടക്ക കോയക്കും വരും ഒരു കാലം സാറേ സാറേ എന്താടോ പഴയ കടലാസ് എടുക്കു എത്ര കിലോണ്ട് ഇതാ ഇതാണ് നോക്കണോ പോയ ഓ ഇത് നോവലാണല്ലോ ആരെ നീ അപ്പം നിന്നാണ്ട് കുഴി എന്ന് നോക്കട ഇത് ഞാൻ തന്നെ എഴുതിയതാണ് സർ പത്രക്കാർക്കൊന്നും വേണ്ട എല്ലാവർക്കും പ്രസിദ്ധന്മാരുടെ കൃതികൾ മതി ഇതൊന്നു വായിച്ചു നോക്കാൻ പോലും അവർക്ക് ക്ഷമയില്ല പിന്നെ എന്തിനാണ് ഇത് വിൽക്കുന്നത് സാഹിത്യം എഴുതി എഴുതി ജോലിയും പോയി ജീവിക്കാൻ വഴിയില്ല കൈനീട്ട് ശീലവുമില്ല ആർക്കും വേണ്ടാത്ത ഈ നോവൽ വിറ്റ് കിട്ടുന്ന കാശ് ഒരു നേരത്തെ ചായയെങ്കിലും കുടിക്കാലോ എന്ന് വിചാരിച്ചു പാവം ഈ രാജ്യത്ത് സർഗപ്രതിഭകളുടെ പതനം നീ അത് തൂക്കി നോക്കിയിട്ട് എന്തെങ്കിലും കൊടുത്തു പറഞ്ഞേക്കണാണിത് തൂക്കിയെടുത്താൽ ഇതിനൊന്നോ രണ്ടോ റുപ്പിയെ കിട്ടൂ സാറേ പക്ഷേ ഒരു പ്രതിഭയുടെ പേറ്റുനോവ് മറ്റൊരു പ്രതിഭയ്ക്കെ അറിയാവൂ അതുകൊണ്ടിതാ പത്ത് റുപ്യ ഇത് പിടിച്ചോ പത്ത് ഉൾപ്പിയെള്ള പ്രാന്ത് പിടിച്ച് പോയാ ഇത് ഇക്കാണ്ട് അക്കൗണ്ടിൽ നിന്നല്ല എന്റെ സ്വന്തം കേസെന്നാ ആ ഒക്കെ അറിയില്ല നൊമ്പരപ്പെടുന്ന ഒരു സാഹിത്യ ഹൃദയത്തിന്റെ ഉത്കടമായ വേദനകൾ സോറി ഞാൻ പോകട്ടെ സാർ കോയാ എൻ്റെ ദൂത്ത് ഇത്തിരി ഈ ചവറു സാധനങ്ങൾ എന്തു വിചാരിച്ചിട്ടാ നീ പത്തിന്റെ ഹോട്ടലേ ഇക്കാ അത് കാര്യക്കണ്ടിക്കാ മൗനരോദനങ്ങൾ നോവൽ ഏ ഈ പേര് കേട്ടിട്ടില്ലല്ലോ നീ അതും വായിച്ചിരിക്കാണ്ട് കുത്തിയെടുക്കാൻ നോക്ക് അസ്തിത്വത്തിന്റെ മുൾമുനയിൽ പിടയുന്ന ഒരു മനുഷ്യൻ അയാൾ എന്തിനീ ഭൂമിയിൽ വന്നു അയാളുടെ നിയോഗം എന്തായിരുന്നു അവളുടെ വിഹ്വ അവളുടെ വിഹ്വലതകളിൽ അയാൾ തന്റെ ഉണ്മയെ കണ്ടറിഞ്ഞു ജന്മാന്തരങ്ങളിലൂടെ അവരുടെ ബന്ധം സാഫല്യം തേടുകയായിരുന്നു കൊള്ളാം കൊള്ളാം പത്ത് തുടക്കം എന്താണ് എനിക്ക് ഒരൈഡിയ ഇത് നമുക്ക് മത്സരത്തിനയച്ചാലോ എന്ത് മത്സരം കേരള രോമാഞ്ച അവാർഡ് ഇരുപതിനായിരം റുപയും അവാർഡും പ്രശസ്തി പത്രം ഒക്കെ കിട്ടും വല്ലോഴുതിയ നോവല് നമുക്ക് എങ്ങനെയാണോ അവാർഡ് കിട്ടുന്നത് ഇത് കാശ് കൊടുത്ത് വാങ്ങിയതോടെ നമ്മുടേതായ ഇപ്പോ നമ്മളാണ് ഇതിന്റെ അവകാശങ്ങൾ അത് ശരിയാണോ ശരിയാണോന്ന് ചോദിച്ചാൽ തെറ്റുകളുടേതായി ഈ ലോകത്തിൽ തെറ്റ് ചെയ്യാതിരിക്കലാണല്ലോ തെറ്റ് അത് ശരിയാ എന്നാൽ ഞാനൊരു കൈ നോക്കാം പൊട്ടഭാഗ്യത്തിന് കിട്ടിയാലോ കിട്ടാക്കന്റെ പേരിൽ തന്നെ അയക്കാം കുട്ടിയാലി കുണ്ടുങ്ങൽ എന്തിനാ അങ്ങനെ പേരുന്നത് ഞമ്മളെ പാപ്പാന്റെ പേര് മുമ്പിൽ ചേർത്താ മതി കുട്ടി കുട്ടിയാലി അത് പോരിക്ക നോവലിസ്റ്റ് പറയുമ്പോ ആ പേരിന് ഒരു ഗുമ്മു വേണം എന്താച്ചാ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ ആ അപ്പോഴേ കൊടുത്ത പത്ത് റുപ്യ പിന്നെ ഇത് രജിസ്റ്റർ ചെയ്ത് സ്റ്റാമ്പിന്റെ പൈസ ഇതൊക്കെ തരണം സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം പൂവനെ പോയാ പിന്നെ കൈന്നെ അത് മീൻ പിടിക്കാൻ പറ്റൂക്ക കിട്ടിയ ഇരുപതിനായിട്ടും പോയാലോ വെറും ഇരുപത് ആ എന്തെങ്കിലാട്ടെ ലോട്ടറി ടിക്കറ്റ് എടുത്തതെന്ന് വിചാരിച്ചാലോ ആ ഇന്ന കോയക്ക കോയക്ക ഉം എന്താണോ എനിക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ വേണം ഏതാടോ എ ബി സി ഡി ഏതാ പറയാ അതൊന്നുമല്ല ഞാൻ പറയാം എന്താ റേറ്റ് ഇരുനൂറ്റി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഇരുന്നൂറ്റി പിന്നെ വിചാരിച്ച് ഒരു നൂറ് രൂപ തരാം ബി അല്ലേ മോനെ നൂറ് റുപ്യക്ക് ഇക്കാലത്ത് ഒരു ചെരുപ്പ് കിട്ടില്ല ഇത് ഷുവർ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നാലും ഒരു നൂറ്റമ്പത് വരെ താനെന്താ വിചാരിച്ചത് മത്തിക്കച്ചോടാണെന്നോ ഇരുന്നൂറ് റുപ്പ തന്നിട്ട് പോയിക്ക മോനെ ആ പിന്നെ ആ ഒരു അറിയും വേണ്ട ആ ശരി അതാ ആ പിന്നെ മറ്റു സബ്ജക്ട് കൂടി വേണ്ടിവരും എല്ലാ ഓരോന്നും നിനക്ക് മാറ്റി വെച്ചേക്കണേ ഓ പിന്നെ അല്ലാണ്ട് ക്വസ്റ്റ്യൻ പേപ്പറല്ല ആൻസർ പേപ്പർ വരെ കോയോട് പറഞ്ഞാ മതി എന്നാ ശരി ഞാൻ പോട്ടെ ഓ നിനക്ക് ഒന്നാം റാങ്ക് തന്നെ കിട്ടട്ടെ മോനെ കോയാ എന്താ കുട്ടി എന്തിനാ ചക്കം വന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന് കൊടുത്താ കൊടുത്ത് കിട്ടിയ കിട്ടി എന്ത് കിട്ടി അത് വലിയ കോളമായി പോയില്ലേ പോ എത്ര കിട്ടിയാലും മതിയാവാണ്ടായില്ലേ ഞമ്മക്കിതിന് വല്ല ചെലവ് ഉണ്ടോക്ക പരീക്ഷ ഓഫീസ് നിന്ന് അടിച്ചു വാരിക്കണ കടലാസ് കിലോ കണക്കിന് തൂക്കി വാങ്ങുന്ന കടലാസ് അതിൽ ഒരെണ്ണത്തിന് നൂറ് റുപ്യ കിട്ടിയാ പോരെ എന്നാലും അവന്മാരെ വില തരാനും തയ്യാറാവുമ്പോ എന്ന് വെച്ച് തീവട്ടിക്കൊള്ള നടത്തിയാൽ പടത്തം പോർത്തു ഈ കുട്ടികള് നാളെ വലിയ വലിയ ഉദ്യോഗക്കാരായി വരേണ്ടവരാണ് അത് ഓർക്കണം എട്ടെങ്കിൽ എട്ട് കിട്ടുന്നതായി എന്നോർത്ത് പഠിച്ചോട് ചോദിക്കും ആ കോയാ ഇപ്പൊ എല്ലാ ഡിഗ്രി ക്വസ്റ്റ്യം കർലാസ് ഞമ്മളെടുക്കില്ലേ പിന്നെന്താ ഇങ്ങനെ പോയാല് നമുക്കൊരു സമാന്തര സർവ്വകലാപശാല തന്നെ ഉണ്ടാക്കാമെന്നാ തോന്നുന്നത് കൊടുക്കി നമസ്കാരം നമസ്കാരം ഞാൻ രാജ്യദ്രോഹി പത്രത്തിന്റെ കുണ്ടായത്തോട് പ്രതിനിധി ഓഹോ നിങ്ങൾ നിങ്ങളല്ലേ മിസ്റ്റർ കുട്ടിയാലി അതിനെന്താ സംശയോ ഇതെന്ത് പീണ്ണു പത്രക്കാരിയാ ശബ്ദം കേട്ടിട്ട് ഒരു മാതിരിയാളും ഐ ഹാവ് എ പ്ലസ് സർപ്രൈസ് ടു യു കുട്ടിയാലി കേട്ടാൽ ഞെട്ടരുത് തല ചുറ്റരുത് പിന്നെ മുഖവരെയും അവതാ ഒന്നും ഇല്ലാണ്ട് ഇടയിൽ കയറി സംസാരിക്കാൻ ഹോ ഐസി മാൻ ബിഹൈൻഡ് യുവർ ഗ്രേറ്റ് സക്സസ് അപ്പോൾ ഈ സന്തോഷ വാർത്ത നമ്മളോടൊപ്പം പങ്കുവെക്കുവാൻ ഇയാളെ കൂടി നമുക്ക് അനുവദിക്കാം അതിലെന്താ സംശയം എന്നാൽ ഞാൻ പറയട്ടെ പറഞ്ഞിങ്ങോട്ട് തൊലിക്ക് അവാർഡ് വെറും വാർഡല്ല എങ്ങനെ മനസ്സിലാക്കി ഭയങ്കര ക്രാന്തദൃഷ്ടിയാണല്ലോ അത് പിന്നെ നമ്മളല്ലേ അയച്ചത് എന്നാൽ ഞാൻ പറയട്ടെ മിസ്റ്റർ കുണ്ടുങ്കൽ കുട്ടിയാലി ഓ മലയാളത്തിലെ ഈ പ്രസ്റ്റീജിയസ് അവാർഡ് ആദ്യമായി ലഭിക്കുന്ന മഹാസാഹിത്യകാരനാണ് താങ്കൾ അതെ ആ വിവരം ആദ്യമായി അങ്ങെ അറിയിക്കുവാനുള്ള ഭാഗ്യം ഈ ഉള്ളവർക്കാൻ ഉണ്ടായത് ആ ആദ്യത്തെ ഇന്റർവ്യൂവിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ കേൾക്കുന്നൊക്കെ ശരി തന്നെയാണ് കോയാ നമുക്ക് ഈ പൊഴിയൊക്കെ ഒന്ന് പൊളിച്ച് ഒരുപാട് ഉണ്ടാക്കണം അതൊക്കെ നമുക്ക് ആലോചിക്കാൻ ക ഇപ്പോ ഈ രാജ്യദ്രോഹി എങ്ങനെയെങ്കിലും പറഞ്ഞുവിടും രാജ്യദ്രോഹിപ്പ എന്താ വേണ്ടത് ഇന്റർവ്യൂ കൊയാ രണ്ടു കിലോ ഓല പഞ്ഞ് തൂക്കി കൊടുക്കി ഒരു സന്തോഷ വർത്താനം കൊണ്ട് വന്നല്ലേ മണ്ടത്തനം പറയാതെക്കാ ഇന്ന് കേൾക്കും ഇന്റർവ്യൂന്ന് വെച്ചാൽ അഭിമുഖ സംഭാഷണം എന്നാ ഓ അതെന്താണിപ്പത്രയധികം പറയേ ഒരിക്കും ഞമ്മളൊരു ഇഷ്ടം തോന്നി ഇത്തിരി കായലാന്ന് വെച്ച് വിണ്ണിനെ വിലക്കിയിടുന്ന ഈ മംഗല മഹാശക്തി ഇത്രയും കാലം അങ്ങയിലെങ്ങനെ ഉറങ്ങിക്കിടന്നു എന്നാണ് ഈ രാജ്യദ്രോഹി അറിയുവാൻ ആഗ്രഹിക്കുന്നത് അത്ര നേരം ഒന്നും ഞമ്മൾ സ്വഭക്കിനി അവരുടെ മക്കാനിൽ പോയി ഒരു കാര്യ പുലർച്ചെ തന്നെയാണോ അങ്ങക്ക് ഈ പ്രചോദനമുണ്ടാവാറ് കാര്യ അപ്പ തന്നെ ചോദന ഉണ്ടാവും അയ്യോക്കാ ശോധന നടന്ന കാര്യമല്ല അങ്ങയുടെ മാതാപിതാക്കന്മാർക്ക് ആർക്കെങ്കിലും വാസന ഉണ്ടായിരുന്നു ഇല്ല അത് ആ ഒരു ദിവസവും കുളിക്കാറുണ്ടായിരുന്നുള്ളൂ പിന്നെ സാഹിത്യവാസന ഓ ഓ അതി ബാപ്പ കാലി ചാക്കി അച്ചവടക്കാരൻ ആയിരുന്നു പിന്നെ ചില്ലറ രാഷ്ട്രീയവും അടേ അദ്ദേഹം വല്ലതും കുത്തി കുറിക്കുമായിരുന്നു പിന്നെന്താ ചാക്കിന്റെ കണക്കൊക്കെ പിന്നെ ആരാ കുത്തി കുറിക്കായിരുന്നു അല്ലോ അതല്ലേക്ക അദ്ദേഹം എഴുതാറൊന്നും ഇല്ലായിരുന്നു മിസ് രാജ്യദ്രോഹി താങ്കളുടെ ആദ്യത്തെ സൃഷ്ടിയേതാ സാഹിത്യ രചനയെ കുറിച്ചാ ചോദിച്ചത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കലാസൃഷ്ടിയാണിത് ഹോ വണ്ടർഫുൾ ആദ്യത്തെ കൃതി തന്നെ അവാർഡ് നേടുക അതും ഏറ്റവും വലിയ സാഹിത്യ അവാർഡ് ഈ കിടക്കുന്ന പത്രമാസികകളും പുസ്തകങ്ങളും ഒക്കെ താങ്കൾ വായിച്ചു കൂട്ടിയത് ഈ മഹത്തായ കലാസൃഷ്ടിക്ക് തന്നെ ആയിരിക്കും ഒരായുഷ്കാലത്തെ തപസ്യ wonderful it is really wonderful adikkate ippola kittu adu adutha 21 nile urappale pinna endha samshyam alla athramum valathum tiriyan patta nu nokalo adokka valiya sammelanathil vechai irukum kala viruddha vaguppu mandri irukum anna award naluguga ah allah namakku indha kaanala jeichu poya pinna moopara kandittilla just a minute ഒരു ഫോട്ടോയ്ക്ക് കൂടി പോസ്റ്റ് ചെയ്തു തരണം ഓ അതിനെന്താ ഇഷ്ടം പോലെ പിന്നെ രാജ്യദ്രോജി അതിനെന്താ നിങ്ങളോടൊപ്പം ഈ ഹർഷൻ മാദം പങ്കുവയ്ക്കുവാൻ കിട്ടിയ ഈ അസുലഭ മുഹൂർത്തത്തിന് അഹമഹമികയാ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിതാ പിൻവാങ്ങുകയായി വേറെ രാജ്യം എന്താണമ്മേ എന്താണമ്മ രക്ഷകന് സാറേന്ന് വെച്ചാൽ എന്റെ മോള് ജലപാനം പോലും കെട്ടുകിടക്കുന്നു അല്ല എന്നാ വല്ല ഡോക്ടറേയും വിളിച്ച് കാൽ അതുകൊണ്ടൊന്നും കാര്യമില്ല സാറേ നിശ്ചയമായും അവള് റാങ്ക് പ്രതീക്ഷിച്ചതാണ് എന്നിട്ട് റാങ്കും ഗ്ലാസും പോയിട്ട് എനിക്ക് വേണമല്ലോ അവള് തോറ്റുപോയി മാർക്കിട്ടപ്പ തെറ്റിയതായിരിക്കും ഇല്ല സാറേ അതിനാദ്യം ഉത്തര കടലാസ് കിട്ടണ്ടേ ഇവിടെ ഉണ്ടായിരിക്കുന്നു തീർച്ചയായും ഇത് പഴയ പത്ര കലാസ് വാങ്ങിയല്ലേ അതെ സാറേ അതുകൊണ്ട് തന്നെയാ ഇവിടെ തെരഞ്ഞു വന്നത് ആ നിങ്ങള് പേരും വിഷയം തന്നിട്ട് പോയിക്കോളി ഞാനിവിടെ ഒന്ന് തപ്പി നോക്കട്ടെ ആ പിന്നെ ഇമ്മണി കാശിന് ചെലവുണ്ടാവും അതായിക്കോട്ടെ സാർ മോളുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ പണം ഉത്രക്കടലാസ് കിട്ടിയില്ലെങ്കിൽ മോള് ചറയും നിങ്ങള് സമാധാനമായി പോവും ഞാൻ നോക്കിട്ട് വിവരം പറയാ ായി സുപ്രസിദ്ധ വിമർശന ഗോപിതനായ ശ്രീ ബാലകൃഷ്ണൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നുളെ ബഹുമാനപ്പെട്ട അവാർഡ് ജേതാവ് കുണ്ടുങ്ങൽ കുട്ടിയാലി നിങ്ങൾക്ക് എന്റെ വിനീത നമസ്കാരം നിങ്ങളുടെ ഈ കൊച്ചു പഞ്ചായത്തിൽ ഇത്ര വലിയ ഒരു പ്രതിഭാശാലി ഇപ്പോൾ മാത്രമാണ് ലോകം അറിയുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ കൃതിയിൽ വിശ്വവിഖ്യാതനായ ഉസ്ബെക് നോവലിസ്റ്റ് മൊളോട്ടോ മത്യാവോസിന്റെ സ്വാധീനമാണുള്ളതെന്ന് ലോകം അറിയുവാനിരിക്കുന്നതേ ഉള്ളു അല്ലേ മിസ്റ്റർ കൊണ്ടുങ്ങൽ മൊളേട്ടോത്തി നമുക്ക് ഇഷ്ടം അതെ മിസ്റ്റർ മൊളാട്ടോ മത്യാവോസിന്റെ നോവലുകൾ റഷ്യൻ ഭാഷയിൽ തന്നെ വായിച്ചു പുളകം കൊണ്ടയാൾ എന്ന നിലയ്ക്കാണ് ഞാനിത് പറയുന്നത് ഇതാ ബഹുമാനപ്പെട്ട മന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്റെ ഉപക്രമം നീട്ടുന്നില്ല വളരെയധികം തിരക്കുള്ള അദ്ദേഹത്തെ അവാർഡ് ദാനത്തിനായി ഞാനിതാ ക്ഷണിച്ചുകൊള്ളുന്നു സാഹിത്യ നപുംസകം ശ്രീ ബാലകൃഷ്ണൻ നായരെ അവാർഡ് ജേതാവായ കുണ്ടുങ്ങൽ അല്ല കുട്ടിയാലി കുട്ടിയാലി നിങ്ങൾക്കൊക്കെ എന്റെ അഭിവാദനങ്ങൾ കുപ്പയിലെറിയുന്ന കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക്കും മാത്രമല്ല വിസർജ്ജന വസ്തുക്കൾ പോലും ഉപയോഗമുള്ള പദാർത്ഥങ്ങളാക്കി മാറ്റാമെന്ന് തെളിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ പത്രക്കടലാസിൽ നിന്ന് പുതിയ സാഹിത്യം രചിക്കാമെന്ന് മിസ്റ്റർ കുട്ട്യാലി തെളിയിച്ചിരിക്കുകയാണ് ഈ പ്രക്രിയ തുടരുകയാണെങ്കിൽ നമുക്ക് നോവൽ ഫാക്ടറികൾ തന്നെ ആരംഭിക്കുവാൻ കഴിയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കൊല്ലത്തെ കേരള രോമാഞ്ചം അവാർഡ് കുണ്ടുങ്ങളിന്റെ അഭിമാന പുത്രനായ ശ്രീകുട്ട്യാലിക്ക് ഞാൻ സമർപ്പിക്കുന്നു എത്രയും ബഹുമാനപ്പെട്ട മന്ത്രിക്കും സഭാവാസികൾക്കും എന്റെ വിനീതമായ കൂപ്പുകൾ കഴിഞ്ഞ പത്തു മുപ്പത്താറ് കൊല്ലത്തിനിടയ്ക്ക് ഒരുപാട് കരരാശി നമ്മൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം അത് മതിയാ ഞമ്മളെ മോ ഉസ്ലി ഉസ്മാനലിക്ക് ഒരു വിസ ശരിയാക്കി അതിന് പൈസ കൊടുക്കാൻ കഴിയാണ്ട് ഞമ്മളിങ്ങനെ വിഷമിക്കുമ്പോഴാണ് പലക്കോം ഞമ്മക്കൊരു ഹൈറ് തന്നത് സന്തോഷായി ഇനിയും നല്ല നല്ല സാഹിത്യങ്ങള് കുറഞ്ഞവർക്ക് കിട്ടൂന്നും ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഞമ്മൾ ആശിക്കുന്നു ഞമ്മൾ നിർത്തുന്നു കേസംഗം കളിക്ക് അത് പിന്നെ ഇല്ലേ ഞമ്മള് ഉസ്താദി ആ അതല്ല ഏ ഞമ്മളെ ആ പൈസ കൊടുക്കണം ഓ ഇവിടെ എങ്ങാണോ നിക്കുന്നുണ്ട് എന്നാ സംശയം ആളൊക്കെ ഒന്ന് പിരിഞ്ഞു പോയിക്കോട്ടെ എന്നിട്ട് നമുക്ക് കവറ് പൊളിച്ചു നോക്കാം ആളുകളൊക്കെ പോയിന്ന് ഇതാ നീ തന്നെ ഒന്ന് തുറന്നു നോക്ക് ഇതോ ഈ കവറല്ലേക്കാ പിന്നല്ലാണ്ട് ഞമ്മളെത്തരുന്ന കവറ് വേറെ ആയിരിക്കുന്നു നോക്ക് ഈ ഇതേ നോക്കിയോ ഞമ്മളെത്തി ഇതിലുള്ളത് ഇരുപത് റുപ്പ്യാണല്ലോ ഇരുപത് റുപ്പ്യോക്ക് വലിയ സാഹിത്യകാരനൊക്കെ ആയില്ലേ മുടക്കം മുതല് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു എന്നാലും എന്താ ഈ കടലാസിന്റെ വീരപരാക്രമങ്ങൾ ജമാൽ കുച്ചങ്ങാടി എന്റെ രൂപകൾ സമാപിക്കുന്നു അഭിനേതാക്കൾ മുഹമ്മദ് പേരാമ്പ്ര വിനോദ് തിക്കോടി വി കെ ഭാസ്കരൻ കെ എൻ ബിജ്ലി ഗ്ലോറി ജോർജ് എൽ സി മാത്യു ഗിരിജാരവീന്ദ്രൻ സാം തോമസ് എൻ എം